ഭാഷ സ്വാധ്യായ സമാ സ്വാധ്യായും തുല്യമാണ് സ്വാധ്യായത്തിന് ശേഷമാണ് പൂർവമീമാംസയും ഉത്തരമീമാംസയും വിചാരം ചെയ്യണം ഇവിടെ ഭാമതികാരന്റെ അഭിപ്രായവും വിവരണകാരന്റെ അഭിപ്രായത്തിന് വ്യത്യാസമുണ്ട് വിവരണകാരം പറയുന്ന എന്താണ് പൂർവമീമാംസ അധ്യയനം ചെയ്യേണ്ടത് സ്വാദ്ധ്യായോ അധ്യേതവ്യ എന്ന് പറയുന്ന ആ വിധി മൂലകമായിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പൂർവമീമാംസ അധ്യയനം ചെയ്യുന്നു അന്നിപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്വാധ്യായോ അധ്യായ തം ബ്രാഹ്മണാഹ വിധിഷന്തി ശ്രോതവ്യോ മന്ദവ്യോതോ എന്നുള്ള ശ്രോതവ്യോ മന്ദവ്യോ നേയോ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അത് മൂലകമായിട്ട് ഉത്തരമീമാംസ വിചാരം ചെയ്യും പൂർവമീമാംസ വിചാരം ചെയ്യുന്നതിന് എന്താണ് സ്വാധ്യായോ ഇതാണ് ഈ വിവരണകാരൻ്റെ അഭിപ്രായം ഈ സ്വാധ്യായനന്തര്യമെന്ന് പറഞ്ഞിടത്ത് രണ്ടിനും മൂലമായിരിക്കുന്ന രണ്ടാണ് പൂർവമീമാംസ വിചാരം ചെയ്യുന്നതിന് സ്വാധ്യയോ ഉത്തരമീമാംസയുടെ വിചാരത്തിനു വേണ്ടി ശ്രോതവ്യമോ മന്ദവ്യോ നീതാസ്യോ ഇത് രണ്ടു പ്രത്യേക വിധികളാണ് അതുകൊണ്ട് തന്നെ ഇത് രണ്ട് ശാസ്ത്രമാണ് പൂർവമീമാംസ ഉത്തരമീമാംസാസം ഭാവുമതികാരന്റെ അഭിപ്രായം അങ്ങനെയല്ല ഭാവുലികാരൻ പറയുന്നത് സ്വാധ്യായോ എന്ന് പറയുന്ന ഒറ്റവിധി അതുകൊണ്ട് തന്നെ പുറമീമാംസയും ഉത്തരമീമാംസയും വിചാരിക്കുകയാണ് ശ്രോതവ്യോ മന്ദവ്യോധ്യാസം എന്ന് പറയുന്ന വിധിയേ അല്ല അപ്പം ഇത് ഒറ്റ വിധി അപ്പം അതുകൊണ്ട് വരുന്ന സാമാന്യ വിചാരം വേദവിചാരം അതിൽ വിശേഷമായ ഉത്തരമീമാംസാ വിചാരവും അന്തർഭവിച്ചിരിക്കുന്നു സാമാന്യ വിചാരത്തിൽ വിശേഷ വിചാരം അന്തർഭവിച്ചിരിക്കുന്നു എന്നാര പറയുന്നത് ബഹുമതി അതുകൊണ്ട് ഈ രണ്ടാമത് വരുന്ന എന്താണോ ശ്രോതവ്യോ മന്ദവ്യോ നിര്ധ്യാസ്യ എന്ന് പറയുന്നത് വിധിയല്ല അത് ഭാഷകാരനും പറയാതെ വിധിയല്ല എന്നി പറയും കാമതികാരൻ അവരെ പിടിച്ചിരിക്കും അതുകൊണ്ടെന്താണോ ഇത് രണ്ടു പ്രത്യേക ശാസ്ത്രമല്ല ഒരു ശാസ്ത്രം തന്നെ സ്വാധ്യായോ അധ്യേതവ്യാന്ന് പറയുന്നത് കൊണ്ട് പൂർവ്വമീമാംസയും ഉത്തരമീമാംസയുടെയും വിചാരം വരും അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അതിന് മുമ്പോട്ട് ഒരു വ്യാഖ്യാനിക്കും സ്വാധ്യായ ആനന്ദര്യന്തു സമാനം എന്ന് പറയുന്നത് രണ്ടുപേരും ഇവിടെയും വ്യാഖ്യാനത്തിന് വ്യത്യാസമുണ്ട് അതൊക്കെ സാങ്കേതികമായ വ്യത്യാസങ്ങളാണ് ഇതിൽ പറയുന്നത് തത്വമായിട്ട് ബന്ധമൊന്നും കർമ്മ അവബോധാനന്ദനം വിശേഷ കർമ്മജ്ഞാനത്തിന് ശേഷം ബ്രഹ്മജിജ്ഞാസ എന്നാണ് പറഞ്ഞത് അതിനാണ് ഇവിടെ ഇത്രയും വിശദീകരിച്ചത് അത് കർമ്മം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞു കർമ്മജ്ഞാനം ഉണ്ടായി അപ്പോൾ കർമ്മം അറിയണം അതിനാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കർമ്മം എന്താണെന്ന് പറഞ്ഞു ആ കർമ്മജ്ഞാനം പിന്നെ എന്താണ് എന്നുവെച്ചാൽ ഏതാനി അത് പറഞ്ഞു എന്നുവെച്ചാൽ ധർമ്മമീമാംസാ പരിശീലനം ഇല്ലാത്ത പരിജ്ഞാനം കർമ്മങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ എന്ത് വേണം ധർമ്മമീമാംസ എന്നുവെച്ചാൽ പൂർവമീമാംസയുടെ വിചാരം ആവശ്യമാണ് അപ്പം പൂർവമീമാംസയുടെ വിചാരം ചെയ്ത് പൂർവപക്ഷമാണ് ഇതൊക്കെ കർമ്മങ്ങളെക്കുറിച്ച് അറിഞ്ഞ് പിന്നെ അതിനെ അനുഷ്ഠിച്ച് ഇതാണ് പൂർവക്ഷം പറയുന്നു അതിന് ശേഷം ബ്രഹ്മസം ഇതാണ് പൂർവപക്ഷം അതിനെ നിഷേധിക്കേണ്ടതെന്ന് വെച്ചാൽ ധർമ്മമീമാംസ പരിശീലനം ധർമ്മമീമാംസയുടെ ശീലം പരിശീലനം എന്ന് വെച്ചാൽ വിചാരം കൂടാതെ തത്പരിജ്ഞാനം ധർമ്മജ്ഞാനം ഉണ്ടാകത്തില്ല ധർമ്മം എന്ന് വെച്ചുകൂടെ കർമ്മമാണ് കർമ്മജ്ഞാനം ഉണ്ടായി കർമ്മ അനുഷ്ഠിച്ചിട്ട് പിന്നീട് എന്ത് വേണം ബ്രഹ്മജിജ്ഞാസ എന്ന പൂർവക്ഷമാണ് പറയുന്നത് തസ്മാത് സാധൂക്തം കർമ്മ അവബോധാനന്തരീം വിശേഷം അതുകൊണ്ട് പറഞ്ഞത് ശരിയാണ് തസ്മാത് അതുകൊണ്ട് സാധൂക്തം എന്ന് വെച്ചാൽ പറഞ്ഞത് ശരിയാണ് എന്താണ് ഭാഷ്യകാരം പറഞ്ഞു കർമ്മ അവബോധാനന്തരീം വിശേഷം കർമ്മജ്ഞാനത്തിന് ശേഷമാണ് എന്താ ബ്രഹ്മ എന്ന് പറഞ്ഞത് ഭാഷ്യകാലം പറഞ്ഞ പൂർവക്ഷം അതുകൊണ്ടെന്താ പ്രയോജനം കർമ്മജ്ഞാനത്തിന് ശേഷം ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നു അത് പറയുന്നു കർമ്മ അവബോധന ഹി കർമ്മ അനുഷ്ഠാന സാഹിത്യം ഭൂരി ബ്രഹ്മോപാസനായ ഇവിടെ എല്ലാം ഉപാസന എന്ന് പറയുന്നത് കൊണ്ട് നീദ്യാസനത്തെ എടുക്കേണ്ടത് ഉപാസനക്ക് വേറെ അർത്ഥവും വരും ഇവിടെ അതെടുക്കാൻ പാടില്ല ഉപാസനക്ക് വേറെ അർത്ഥങ്ങൾ വരും ഇവിടെ നീത്യാസം എന്നർത്ഥമുള്ളൂ അതുകൊണ്ട് എന്താണ് കർമ്മ അവബോധം കൊണ്ട് കർമാനുഷ്ഠാനം ആ കർമാനുഷ്ഠാനത്തോടൊപ്പം നീത്യാസം രണ്ട് നമ്മുടെ സാഹിത്യം ചേർച്ച എന്ന് പറഞ്ഞാൽ ഒരേ കാലത്ത് രണ്ടും വേണം കർമാനുഷ്ഠാനത്തിൽ രണ്ട് പൂർവോക്ഷം പറയുന്ന എന്താണ് എല്ലാ കർമ്മവും അനുഷ്ഠിക്കേണ്ട യജ്ഞദാന തപസ്സുകളുമായി കാരണം സൂത്രത്തിലും പറയുന്നുണ്ടല്ലോ സതൃകാലം നൈലന്തി സത്കാര ആസേതു പറയുന്നിടത്ത് അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു സത്കാരാസേതു പറഞ്ഞാൽ എന്താണ് യജ്ഞദാന തപസ്സുകളോടുകൂടി എന്ന് വ്യാഖ്യാനിച്ച് പൂർവക്ഷം എന്താണ് വസ്തുതകളോടുകൂടി എന്ത് ചെയ്യണം ബ്രഹ്മ നിത്യാസനം ചെയ്യുന്നു അപ്പോൾ രണ്ടും ചേർച്ച വരണം അപ്പോൾ ഇതോടുകൂടി നീദ്യാസനം ചെയ്യണമെന്ന് പറയുമ്പം എന്ത് കണക്കത്തില്ല നിത്യകർമ്മങ്ങളോടുകൂടി നിത്യാസനം ചെയ്യണമെന്ന് പറയുമ്പോൾ എന്ത് കണക്കത്തില്ല സന്യാസമുണ്ടാകുകയും കർമ്മത്യാഗം ഉണ്ടാകുകയും കർമ്മത്യാഗം ഇല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും ഇതാണ് ഭക്ഷ്യകാരം പറയുന്നത് കർമ്മം യജ്ഞഗാന തപസ്സുകളൊക്കെ വേണം പക്ഷെ അത് എപ്പോ എപ്പോഴാണ് വേണ്ടത് സന്യാസത്തിന് മുമ്പ് സന്യാസത്തിന് മുമ്പ് യജ്ഞദാന തപസ്സുകളെല്ലാം വേണം അത് കഴിഞ്ഞ് അതൊക്കെ ഉപേക്ഷിക്കുന്നതാണ് എന്ത് സന്യാസം ആശ്രമകർമ്മം എന്ന് പറയുന്നു അത് ഭക്ഷ്യക്കാരൻ പറയുന്നതനുസരിച്ച് ബ്രാഹ്മണൻ തന്നെ ചെയ്തോളൂ അപ്പം ബ്രാഹ്മണൻ എന്ത് ചെയ്യണം യജ്ഞദാന തപസ്സുകൾ എല്ലാം ഉപേക്ഷിച്ച് സന്യസിക്കണം എന്നിട്ട് നേരിട്ട സന്യാസത്തിലേക്ക് പോകണം അത് രണ്ടു തരത്തിലാണ് പറയും പൂർവ്വജന്മത്തിലനുഷ്ഠിച്ചാലും മതി പൂർവ്വജന്മത്തിലനുഷ്ഠിച്ച് എന്തുവേണം ചിത്തശുദ്ധിയുള്ളവന് ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ അവന് സന്യസിക്കണം ഇത് അഹരേവ വിരജയ തത് അഹരേവ പ്രപ്രജയം അവന് ബ്രഹ്മചര്യത്തിൽ തന്നെ എന്തുണ്ടാവും വൈരാഗ്യം ഉണ്ടാവും ബ്രഹ്മചര്യത്തിൽ തന്നെ വൈരാഗ്യം ഉണ്ടാകുന്ന എന്തുകൊണ്ട് പൂർവ്വജന്മത്തിൽ ഇതൊക്കെ അനുഷ്ഠിച്ചു ഇനി ഒരാൾക്ക് വൈരാഗ്യം ഉണ്ടാകുന്നില്ലെങ്കിൽ സന്യസിക്കണം വൈരാഗ്യം ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തു ചെയ്യണം അവൻ സന്യസിക്കുന്നുണ്ട് അവൻ യജ്ഞദാനങ്ങളെല്ലാം അനുഷ്ഠിക്കണം ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു അവിടെ ഇരുന്ന് കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കും ഇനി അങ്ങനെ അനുഷ്ഠിച്ചതിന് ശേഷം ഗൃഹസ്ഥാശ്രമത്തിരുന്ന് എന്ത് ചെയ്യുന്നവൻ എല്ലാം അനുഷ്ഠിച്ചതിനു ശേഷം അവന് വിരക്തി ഉണ്ടാവുമ്പോൾ അവനെന്ത് ചെയ്യണം ഈ ഗതാനന്ദ ബസ് എന്തു ചെയ്യണം സന്യാസം സ്വീകരിക്കണം എന്നിട്ട് അവിടെ രണ്ടു തരത്തില ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ ഏറ്റവും ദാനങ്ങളോപേക്ഷ അവൻ പൂർവ്വജന്മത്തിൽ നിന്ന് തന്നെ എന്തു ചെയ്തിരിക്കണം എന്ന വൈരാഗ്യം സമ്പാദിച്ച് ചിത്തശുദ്ധിയുള്ളവനായിരിക്കണം അല്ല ചിത്തശുദ്ധി ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം ഗൃഹസ്ഥാശ്രമധർമ്മം സ്വീകരിച്ച് അവിടെ യജ്ഞദാന തവസ്സുകളെല്ലാം ശേഷം അവനെന്ത് ചെയ്യണം സന്യസിക്കണം അതിന് ദോഷമില്ല ഗ്രഹാത്മാവ വനാത്മാവ എപ്പോഴും സന്യസിക്കാം ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നുകൊണ്ട് സന്യസിക്കാം അല്ലെങ്കിൽ വാനപ്രസ്ഥാശ്രമത്തിൽ ഇരുന്നുകൊണ്ട് സന്യസിക്കാം പക്ഷെ ഒരു കാര്യം നിർബന്ധമാണ് ശ്രോണമനനങ്ങൾ നിത്യാസനം ചെയ്യുമ്പോൾ വിശേഷിച്ച് അവിടെ കർമ്മങ്ങളൊന്നും പാടില്ല ഇതേയോ അവിടെ സന്യാസമില്ല എന്നാൽ ഗൃഹസ്ഥാശ്രമം പാടില്ലെന്നൊന്നും പറയുന്നില്ല ഗൃഹസ്ഥാശ്രമത്തെ അത് ചെയ്യാൻ പാടില്ല ഇനി യജ്ഞദാന ദിവസങ്ങളൊക്കെ ബ്രഹ്മചര് ചരി ആശ്രമത്തിൽ ഒരാൾക്ക് എത്രയൊക്കെ ചെയ്യാമോ അത്രയൊക്കെ അത് ചെയ്യാം ബ്രഹ്മചര്യാശ്രമത്തിനും കർമ്മങ്ങളൊക്കെ ചെയ്യും അതവിടെ ചെയ്യാം പക്ഷേ വ്യത്യാസം ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം ബ്രഹ്മചര്യ ആശ്രമം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം സന്യാസം കാരണം ബ്രഹ്മചര്യാശ്രമത്തിൽ എന്ത് ചെയ്യുന്നു വേദാധ്യയനം ചെയ്യുന്നു വേദാധീനം പോലുള്ള കാര്യങ്ങളും തപസ്സുകളുമൊക്കെ അവിടെ ചെയ്യുന്നു അപ്പോൾ അവിടെയും നിത്യാസനം പറ്റില്ല ഇപ്പം ബ്രഹ്മചേരി ആശ്രമത്തിൽ ഇരിക്കുന്നു സന്യാസം വേണ്ടെന്ന് പറയാൻ പറ്റില്ല ബ്രഹ്മചേരി ആശ്രമത്തിൽ ഇരുന്ന യജ്ഞം ശിഖേ എല്ലാം വെച്ചും കൊണ്ടുചെയ്യണം വേദാധീനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം അധ്യാപനവും ചെയ്യണം അപ്പോൾ പറയുന്നെന്താണ് ആ ഒരവസ്ഥയിലിരിക്കുമ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നില്ല അതിനൊന്നും ഭയാ വിരക്തി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തതെന്താണ് അത് ചിത്തശുദ്ധി കൊണ്ടെന്നാണ് അപ്പോൾ അവിടെ വെച്ച് എല്ലാം അവസാനിപ്പിച്ച് ആശ്രമകർമ്മങ്ങളെല്ലാം അതാണ് ആശ്രമകർമ്മം എന്ന് പറയുന്നത് ആശ്രമകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മചാരി ആശ്രമത്തിലെ കർമ്മം സന്യാസാശ്രമ ഗൃഹസ്ഥാശ്രമത്തിലെ കർമ്മം മാനപ്രസ്ഥാശ്രമത്തിലെ കർമ്മം ഇതൊക്കെയാണ് ആശ്രമകർമ്മം അപ്പോൾ ബ്രഹ്മചേരി ആശ്രമത്തിലെ കർമ്മം ഉപേക്ഷിക്കുമ്പോൾ സന്യാസി ഗൃഹസ്ഥാശ്രമത്തിലെ കർമ്മത്തെ ഉപേക്ഷിച്ചാൽ അവിടെ നിന്ന് സന്യാസി വാനപ്രസ്ഥാശ്രമത്തിലെ കർമ്മത്തെ ഉപേക്ഷിച്ചാൽ അവിടെ നിന്ന് സന്യാസി എവിടെയായാലും സന്യാസത്തിൽ വന്നാൽ പിന്നെ എന്തില്ല വിനദാന ദിവസങ്ങളൊന്നും ഇല്ല ഇന്ന് ഒരു പണിയൊന്നും എന്താണോ വേദ്യാസം ശ്രവണം മല്ലും കൂടെ ആവാം അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതിന് സംഘടകർക്ക് വ്യക്തമായ നിലപാടാണ് സന്യാസം എന്ന് പറയുന്നൊരാശ്രമല്ല പിന്നെന്താണോ സന്യാസംന്ന് പറയുന്നത് കർമ്മത്യാഗം അതിന് സന്യാസം എന്ന് പറയുന്ന ആശ്രമം എന്ന് പറയുന്നത് ആശ്രമ സന്യാസം വേറെയാണ് ആശ്രമ സന്യാസം എന്ന് വെച്ചാൽ അവർ ഗൃഹസ്ഥൻ തന്നെ ഗൃഹസ്ഥാശ്രമം എത്തിയിരിക്കുമ്പോൾ എന്തെങ്കിലും കാരണം എന്ന് വെച്ചാൽ ഗൃഹസ്ഥ ധർമ്മം വെച്ചിട്ട് അയാൾ എന്ത് യജ്ഞദാന തപസ്സുകളൊക്കെ കുറച്ച് വലിയ കർമ്മങ്ങളെന്താ ഗൃഹസ്ഥാശ്രമത്തിൽ ഉപേക്ഷിച്ചിട്ട് അതാണ് ദണ്ടൊക്കെ പിടിച്ചത് ചില ഉപാസനകളൊക്കെ ആയിട്ട് ഉപാസന ഉപാസകന്മാരായിരിക്കും ചില ഉപാസനകളൊക്കെ സ്വീകരിച്ചിട്ട് സന്യാസ ആശ്രമം അതിനാശ്രമധർമ്മമായി സ്വീകരിക്കുന്നു അവിടെ ഉപാസനയൊക്കെ ഉണ്ടായിരിക്കും അത്തരം ആശ്രമധർമ്മത്തെ അല്ല ശങ്കരായ അവിടെ ആശ്രമകർമ്മങ്ങളുണ്ട് സന്യാസിയുടേതായ ഉപാസനകളും മറ്റും ഉണ്ട് ശങ്കരായൽ പറയുന്ന സന്യാസം എന്താണ് അവിടെ ഉപാസനകളില്ല ഉപാസന എന്ന് ചോദിച്ചാൽ അവിടെ പ്രത്യേകിച്ച് സന്യാസത്തിന്റെ സന്യാസി സാധാരണ ആശ്രമധർമ്മത്തിൽ സന്യാസമെന്നൊരു ആശ്രമധർമ്മത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഉപാസനകളും ഉപേക്ഷിക്കുന്നു അവിടെ കർമ്മവും ഇല്ല ഉപാസനയില്ല വിനായക എന്തേ ഉള്ളൂ ശ്രവണമെന്ന വ്യവതിഹാസങ്ങൾ മാത്രമേ അതാണ് ശങ്കരായര് പറയുന്ന സന്യാസം അവിടെ ദണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല മറ്റേ അതാണ് ഈ ശങ്കരാചാര്യന്മാരെ കാണുമ്പോൾ വടി പിടിച്ചുകൊണ്ട് ഈ വടിയൊക്കെ പിടിച്ച് കിടക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ് അവരൊന്നും ശരിയായിട്ടുള്ള ശങ്കരായർ പറയുന്ന സന്യാസിമാരുണ്ട് ശങ്കരായ സന്യാസത്തിന് അതൊക്കെ അവന്മാരെ പിടിപ്പിക്കുന്നില്ലേ അവർക്ക് ആധികാരികമായി കിട്ടാൻ വേണ്ടിയിട്ട് ശങ്കരാചരുടെ കയ്യിൽ ഇണ്ട് ശങ്കരാചാര്യ പറയുന്ന ഇനി ശങ്കരായാർ സന്യാസി ആണോ എന്നറിയാൻ നമുക്ക് വഴിയില്ല ഇപ്പം ശങ്കരായാർ സന്യാസിയാണെന്ന് പറയുന്നെങ്കിലും ശങ്കരായര് സന്യാസി ആണോ എന്നറിയാൻ അവർ വഴിയില്ല കാരണം ഭാഷയത്തിൽ ഒരിടത്തും എന്താണോ താൻ സന്യാസിയാണെന്ന് ശങ്കരായഴുതില്ല മറ്റുള്ളവർക്ക് വേണ്ടി എഴുതിയാണ് തൻ്റെ കാര്യമായിട്ട് ഒരിടത്തും പറയുന്നില്ല പിന്നെ വ്യക്തമായ ചരിത്രവും ഇല്ല ഇപ്പം ശങ്കരാചാര്യം എഴുതി വച്ചിരിക്കുന്നതനുസരിച്ച് സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു അയാൾ ഭിക്ഷാടനം ജീവിക്കുന്നു അവിടെ ആശ്രമമില്ല മഠമില്ല മഠാധിപതിയില്ല ലോകസേവനമില്ല ഒരു പ്രവർത്തനവും ഭിക്ഷാടനം കൊണ്ട് ജീവിക്കുന്നു ചെയ്യുന്ന എന്താണ് നിയമനിയമാധികളോടുകൂടി അയാൾ ശ്രവണമലിനെ വ്യത്യാസങ്ങൾ ജ്ഞാന നിഷ്ഠയിൽ ഇരിക്കും അതിനാണ് ഞാനനിഷ്ഠ ആശ്രമധർമ്മങ്ങളൊന്നുമില്ല സന്യാസാശ്രമത്തിന്റെ ധർമ്മമില്ല ബ്രഹ്മചര്യാശ്രമത്തിന്റെ ധർമ്മം ഇല്ല ഗൃഹസ്ഥാശ്രമത്തിന്റെ ധർമ്മമില്ല വാടപ്രസ്ഥാശ്രമത്തിന്റെ ധർമ്മമില്ല അതൊന്നും ഇല്ലാത്ത ഒരു സന്യാസത്തെയാണ് ശങ്കരാചാര്യ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതുണ്ടെന്നും പിടിക്കുന്നതല്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ശങ്കരായര് പറയുന്ന അനുസരിച്ചുള്ള ശങ്കരായര് പറയുന്ന ഒരു സന്യാസമേ ആണ് ഞാൻ സർവകർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട് പരിപ്രാജനായി നടക്കുക ബാക്കി എന്താണ് ഇതില് സ്മൃതികളിലും പിന്നെ സന്യാസ ധർമ്മത്തെ കുറിച്ച് പറയുന്ന ഈ സമുച്ചയം മഹാഭാരതം പോലുള്ള പ്രതികളിലൊക്കെ പറയുന്ന സന്യാസത്തിലാണ് എന്താണ് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും വേണ്ടിവന്നാ ശൂദ്രനും സന്യാസിക്കുക എന്നുള്ള അത് സന്യാസ ആശ്രമമാണ് അവിടെ ഉപാസന പോലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് ശങ്കരാചാര്യർ അങ്ങനെയുള്ള ഒരു സന്യാസത്തെ കുറിച്ച് പറയുന്നില്ല പക്ഷെ സ്മൃതികളിലും മഹാഭാരതത്തിലും അവിടെ പറയുന്ന അതാണ് ഇപ്പോൾ തലവെട്ടിക്കളഞ്ഞെങ്കിൽ രാമായണത്തിൽ ശൂദ്രി സന്യസിക്കുന്നതാണ് അവിടെ രാമായണത്തിൽ ശൂദ്രൻ സന്യസിച്ചിട്ടെന്താ ചെയ്യുന്നത് ഒരു ഉപാസനയാണ് ചെയ്യുന്നത് തല കുത്തി ഒരു ഉപാസന ഇത്തരം ഉപാസനകളൊക്കെ സന്യാസിക്കാകാം എന്ന് ഇവിടെ പറയുന്നു മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട് ശങ്കരാചാര്യ അംഗീകരിക്കുന്നു അപ്പം ശങ്കരാചാര്യരുടെ സന്യാസമനുസരിച്ച് ശങ്കരാചാര്യ സന്യാസി ആണോ എന്നുള്ളതിന് യാതൊരു തെളിവില്ല ഭാഷയത്തിലില്ല സന്യാസി ആകാതിരിക്കാനാണ് കൂടുതലും ചാൻസ് ശങ്കരാചര് സന്യാസിയാകാൻ ചാൻസ് കുറവാണ് കാരണം ശങ്കരാചാര്യർ പറയുന്നതനുസരിച്ച് അങ്ങനെ ഒരു സന്യാസി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് എഴുതാൻ പറ്റില്ല ഭാഷയും മറ്റും സർവകർമ്മത്യാഗമാണ് അപ്പം നിരന്തരചേന പാടില്ല ശങ്കരാചാര്യ കഴുകി വെച്ചപ്പം എന്തായാലും സന്യാസിയല്ല പിന്നെ അതിനുശേഷം സന്യാസിച്ചോ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ശങ്കരായര് പറഞ്ഞതുപോലെ സന്യാസിയായ ഇല്ലേ എന്നുള്ളതൊന്നും ആർക്കും അറിയാൻ പറ്റില്ല പിന്നെ ഈ വടിയും പിടിച്ചൊരാളിരപ്പുണ്ടല്ലോ അത് ശങ്കരായൊന്നും ഇല്ല അത് പിൽക്കാലത്ത് ഈ ആശ്രമ സന്യാസം ആശ്രമം മഠം അതിന് മഠാധിപതി ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടാരോ ഏർപ്പാ ഉണ്ടാക്കി വെച്ചു കാരണം ശങ്കരായര് പറയുന്ന ഈ സന്യാസം ബ്രാഹ്മണനെ സ്വീകരിക്കാൻ പറ്റും ബ്രാഹ്മണെല്ലാം സംഭവിക്കുന്നതാണ് സ്വീകരിക്കുന്നതൊന്നുമല്ല ഒരാളെല്ലാം ഉപേക്ഷിക്കുന്നു അത്ര അവിടെ സന്യാസത്തിന് ചടങ്ങുകളൊന്നുമില്ല ശങ്കര പറയുന്ന സന്യാസത്തിന് വിരജാഹവും മറ്റതും മറിച്ചതും അങ്ങനെയൊന്നുമില്ല ഇത്രയേ പറയുന്നുള്ളു അയാള് എല്ലാം യജ്ഞ ശിഖായജ്ഞോ വീതമൊക്കെ ഉപേക്ഷിക്കുന്നു കർമ്മങ്ങൾ ചെയ്യുന്നില്ല ഭക്ഷാളിൻ്റെ അവിടുത്തെ ചെയ്യുന്നു അങ്ങനെ ശങ്കരാചാര്യ സന്യാസി എന്നുള്ളത് യാതൊരു തെളിവുമില്ല ഇത് കഴുകി വെച്ചിട്ട് ശങ്കരാചാര്യ സന്യാസി ആയെന്നിരിക്കാം ചിലപ്പോ ശങ്കരാചാര്യ സന്യാസി ആകാതെ ഇരുന്നെന്നും വരാം ശങ്കരാചാര്യ പറഞ്ഞ സന്യാസത്തിൽ ശങ്കരാചാര്യ എത്തിയില്ലെന്നും വരാം എത്തിയെന്നും വരാം അതൊന്നും അറിയാൻ പറ്റില്ല ും അതിനും അങ്ങനെ എപ്പം വേണമെങ്കിലും ആകാം ശ്രുതി പ്രമാണമാണ് ദഹരയോഹരെയൊക്കെ എപ്പോൾ വേണമെങ്കിലും ആകാം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ മൂന്ന് വോട്ടെടുപ്പ് ആകാം സർവ്വസമ്മതമാണ് ചില പുരാണങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ചില സൂത്രന്മാരും സന്യസിച്ചിട്ടുണ്ട് ഉണ്ട് വേണ്ടിവന്നാ സൂത്രം ആകാം പക്ഷെ അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമില്ല ത്രൈവർണ്ണിക സന്യാസത്തെ പറയുന്നത് മഹാഭാരതത്തിന് മറ്റും പറയുന്നു മൂന്ന് വർണ്ണക്കാർക്കും സന്യസിക്കും ആ സന്യാസം എന്ന് പറയുന്നത് ഇങ്ങനെ നിയമപ്രകാരം വിധാണി കർമ്മണം വിധിനാഭരിക്കുക വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളെല്ലാം വിധിയനുസരിച്ച് തന്നെ ഉപേക്ഷിക്കുക ഹോമകാലത്തിൽ അത് ഇതൊക്കെ അത് എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ള അതനുസരിച്ച് എന്തുകൊണ്ട് പാടില്ല ശങ്കരായ പറയുന്നത് ക്ഷത്രിയനെ സന്യാസിക്കാൻ പാടില്ല അതുകൊണ്ട് അതിനെ എതിർക്കുന്നു ജാതി ക്ഷത്രിയ ജാതി സന്യാസത്തിനെ പറ്റിയ അല്ല മറ്റുള്ള ആധുനിക വ്യാഖ്യാതാക്കൾ പറയുന്ന എന്താണ് അർജുനൻ എന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാത്തതുകൊണ്ട് സന്യാസം ജാതിയല്ലൊരു പോരാളിയാണ് പരധർമ്മം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ശങ്കരാചാര്യ പറയുന്നതനുസരിച്ച് ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധമാണ് അതുകൊണ്ട് ബ്രാഹ്മണധർമ്മമാണ് എന്താ അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നാണ് ശങ്കരാചാര്യ വ്യാഖ്യാനിക്കുക അതാണ് പരധർമ്മ ആധുനിക വേഖേതാക്കള് വ്യാഖ്യാനിക്കുന്നത് ക്ഷത്രിയന്റെ ഗുണം അല്ല ക്ഷത്രി ജാതിയുടെ ഗുണമല്ല ക്ഷത്രി എന്ന് പറയുന്നൊരു ഗുണമാണ് വീരശൂല പരാക്രം അപ്പോൾ അങ്ങനെയുള്ള ഗുണമുള്ളവൻ അവൻ്റെ ധർമ്മം സന്യാസമില്ല അവൻ സന്യാസിച്ചാൽ അത് എന്താണ് ശമതവാദികളുള്ളവൻ്റെ പരധർമ്മം ശമതമാദികളുള്ളവൻ്റെ ധർമ്മം അസ്വീകരിക്കാൻ പാടില്ല എന്നിവയാനിക്കും അപ്പം അങ്ങനെ ജാതിയുമായി ബന്ധപ്പെടുത്താതെ പക്ഷെ എല്ലാ പ്രാചീന വ്യാഖ്യാതാക്കന്മാരും വ്യാഖ്യാനിച്ചിരിക്കുന്നെങ്ങനെ ജാതിയുമായി ബന്ധപ്പെടുത്തിയാണ് പറയുമ്പോൾ ജാതിയാണെന്നാണ് അപ്പം ജാതി ഇതിനകത്ത് കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഇതേ ജനകീയമാക്കാൻ പറ്റാത്ത ആധുനിക വ്യാഖ്യാതാക്കൾ എന്തെയ്യുന്നു ജാതിയെ മാറ്റിയിട്ട് അവിടെ സന്യാസത്തിന് അധികാരി എന്ന് വെച്ചാൽ ഗുണം വൻ അധികാരിയാണ് അധികാരിയല്ലെന്ന് വെച്ചാൽ ഗുണമില്ലാത്തവൻ കേവലം ഗുണത്തിൻ്റെതായും മാറ്റുന്നു പക്ഷേ ഇത് പ്രാചീന വ്യാഖ്യാതാക്കന്മാരാരും ഇത് അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് ജാതി തന്നെയാണ് എഴുതി വയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എഴുതി വയ്ക്കുന്നവരുടെ താല്പര്യമെന്തെന്നറിയുന്നത് വ്യാഖ്യാനം കൂടാൻ സാധിക്കില്ല വ്യാഖ്യാനത്തിലൂടെ അത് മനസ്സിലാകും അപ്പോൾ ഒരാൾ പറയുന്നത് എഴുതിയാളിൻ്റെ താല്പര്യം ഇതെന്ന് പറഞ്ഞാൽ വേറൊരാൾ അത് വന്ന് അതിനെ മറിച്ച് വ്യാഖ്യാനിച്ചിട്ട് തോറി അതിൻ്റെ ഇതാണ് താല്പര്യം എന്ന് പറയുമ്പോൾ അവിടെ തർക്കം വരും അപ്പം എഴുതിയാളിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ എന്തു ചെയ്യണം അത് വ്യക്തമായിട്ട് എഴുതണം എഴുന്നേടത് വ്യക്തമായി എഴുതണം എങ്ങനെ എഴുതണം ണ ജാതിയിൽപ്പെട്ടവനെ സന്യസിക്കാൻ പാടുള്ളൂ ക്ഷത്രിയ ജാതിയിൽപ്പെട്ടവൻ സന്യസിക്കാൻ പാടില്ല അങ്ങനെ ഗീതിയിൽ എഴുതിയിട്ടുണ്ട അങ്ങനെ ഒരിടത്തും എഴുതിയിട്ടില്ല അപ്പൊ ജാതി എന്ന് പറയുന്ന വ്യക്തമായി പരാമർശിച്ചെഴുതണെങ്കിൽ പിന്നെ തർക്കമില്ല ആ അത് വ്യക്തമായി എഴുതിയിട്ടില്ല ഏത് ഇന്നാലും ഇന്ന ജാതിയിൽപ്പെട്ടവർ സംസാരിക്ക സന്യസിക്കണം ഇന്ന് എന്ന് വ്യക്തമായി എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് എഴുതിയിരിക്കുന്നതിനെന്ത് ചെയ്യേണ്ടി വരും വ്യാഖ്യാനിക്കേണ്ടി വരും ഇപ്പം എഴുതി വച്ചിരിക്കുന്ന പോരാ അതറിയും വ്യാഖ്യാനിക്കണം സ്വധർമ്മം പലധർമ്മം എന്നൊക്കെ പറയുന്ന ഗുണമനുസരിച്ചാണോ അഥവാ ജാതി അനുസരിച്ചാണോ എന്ന് ഗീത വായിക്കുമ്പോൾ വ്യക്തതയില്ല അവരുടെ വ്യാഖ്യാനത്തിലൂടെ അല്ലാതെ മനസ്സിലാക്കാൻ പറ്റത്തില്ല വ്യാഖ്യാനിക്കുമ്പോൾ അത് പ്രത്യാസം വരും കാരണം അല്ലെങ്കിൽ എന്താണ് സ്വധർമ്മമെന്ന് പറഞ്ഞാൽ ഗുണം അനുസരിച്ചുള്ള ധർമ്മമാണ് പല ധർമ്മം എന്ന് പറഞ്ഞാൽ അന്യഗുണം അതനുസരിച്ച് എന്നൊക്കെ വ്യക്തമായി പറയണം അങ്ങനെ വ്യക്തമായി പറയുന്നില്ല അങ്ങനെ പറയാത്തോണ്ട് എന്ത് വരുന്നു ഇടക്കിടയ്ക്ക് ഗുണത്തെക്കുറിച്ച് പറയും പിന്നെ ജാതിയെക്കുറിച്ച് പറയും ഇത് രണ്ടും കൂടെ ആൾക്കാരിലും കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പം വ്യാഖ്യാനം വേണ്ടിവരും വ്യാഖ്യാനം അപ്പോ ഒരിക്കലും വേദമായാലും മനുഷ്യത്തായാലും ഗീതായാലും എന്താണ് അതിന്റെ താല്പര്യം എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ ഇതൊക്കെയാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ എഴുതുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന സിദ്ധാന്തങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സിദ്ധാന്തം ഉണ്ടായിരുന്നെങ്കിൽ സിദ്ധാന്തം അനുസരിച്ച് എഴുതാമായിരുന്നു മനസ്സിലായോ അങ്ങനെ സിദ്ധാന്തമില്ലാത്തത് കൊണ്ട് ഇത് എഴുതി വെച്ചു എഴുതി വെച്ചപ്പോ അന്നുണ്ടായിരുന്ന പല കാഴ്ചപ്പാടുകളും ചേർത്ത് എഴുതി പിൽക്കാലത്താണ് സിദ്ധാന്തം ഉണ്ടാവുന്നത് അതായത് ഗീത എഴുതുന്ന കാലത്ത് അദ്വൈത സിദ്ധാന്തമില്ല ഇഷ്ടം അപ്പൊ പുൽക്കാലത്ത് ഈ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിനനുസരിച്ച് ഗീതയെ വ്യാഖ്യാനിക്കും പിന്നെ ആധുനികമായ കാലം വന്നപ്പോഴത്തേക്ക് പണ്ടെന്താണ് ഗ്രന്ഥങ്ങള് സിദ്ധാന്തം ഇത്രയൊക്കെ ഉള്ളു പണ്ട് മതമില്ല ആധുനിക കാലം എന്ന് പറയുമ്പോഴത്തേക്കും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മതത്തിൻ്റെ ആവശ്യം വന്ന് ഹിന്ദുക്കളെന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ ആവശ്യം അപ്പോൾ ഹിന്ദു മതത്തെ സംരക്ഷിക്കുന്നു എന്നൊക്കെയുള്ള വിചാരം വന്നപ്പോൾ എന്താണ് ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനും ബദലായി ഇവിടെ ഹിന്ദുമതം വേണമെന്നുള്ള വിചാരം വന്നു അപ്പോൾ പുതിയ വ്യാഖ്യാനങ്ങൾ വേണ്ടിയും അതിനോട് പിടിച്ചു നീക്കാൻ വേണ്ടി അപ്പോൾ പുതിയ വ്യാഖ്യാനങ്ങൾ വേണ്ടി വന്നിപ്പോൾ എന്ത് ആ വ്യാഖ്യാനങ്ങൾക്ക് ഈ മതങ്ങളെ സംരക്ഷിക്കണം നിലനിർത്തണമെന്നുള്ള ആഗ്രഹം കൂടെ ഒരു ആത്മീയത മാത്രമാണ് പഴയ കാലത്ത് ചാതുർവർണ്ണയം നിലനിർത്തണമെന്നാണ് ആയിരുന്ന ആഗ്രഹം പിൽക്കാലത്ത് വന്നപ്പോൾ മറ്റ് മത്സരിക്കുന്ന ഒരു മതം നിലനിർത്തണമെന്നുള്ള ആവശ്യമാണ് അപ്പോൾ മതം എന്നുള്ള വെച്ച് വ്യാഖ്യാനിച്ചപ്പോൾ ജനങ്ങളെ കൂടെ നിർത്താൻ വേണ്ടി പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ വന്നു അങ്ങനെ വ്യാഖ്യാനം വന്നപ്പോൾ പഴയകാലത്ത് ഇത് ബ്രാഹ്മണര് മാത്രമാണ് വ്യാഖ്യാനിച്ചിരുന്നത് കൂടുതലും അവരെ സംബന്ധിച്ചിടത്തോളം ചാതുർ വർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചാൽ മതി കാരണം അവരുടെ ആവശ്യം ഈ മതത്തിൽപ്പെട്ട മറ്റ് ജാതിയിലുള്ളവരും അവർക്കും ഈ മത അഭിമാനം വരികയും ഈ മതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ വ്യാഖ്യാനി അങ്ങനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രാഹ്മണരെ വിട്ടിട്ട് പിന്നീട് കൂടുതൽ ശൂദ്രന്മാരും എന്തു ചെയ്തു ഇത് വ്യാഖ്യാനിക്കാൻ തുടങ്ങി അപ്പം ശൂദ്രന്മാർക്ക് ഇതിൽ കടന്നു കയറുന്നതിനും ശൂദ്രന്മാർ ഇതിൽ സംരക്ഷിക്കുന്നതിനും ശൂദ്രന്മാർക്ക് ഇതിൻ്റെ ഭാഗമാകുന്നതിനു വേണ്ടി അവരെന്ത് ചെയ്തു അവർക്കൂടെ പറ്റിയ രീതിയിൽ ഇത് വ്യാഖ്യാനിച്ചു ക്ഷ്യം കൂടെയുണ്ട് മറ്റ് മതഗ്രന്ഥങ്ങൾക്ക് ഒപ്പം നില്ക്കത്തക്ക രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചാണ് ആധുനിക വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ പഴയ ബ്രാഹ്മണ വ്യാഖ്യാനങ്ങളിലെല്ലാം ചാരുവോണ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ആധുനിക വ്യാഖ്യാനങ്ങളെ പൊതുവെ നോക്കുക പറയാം ശൂദ്ര വ്യാഖ്യാനം അതിൽ എന്തു ചെയ്യും ചാരുവോണ്യത്തെ സപ്പോർട്ട് ചെയ്യത്തില്ല പിന്നെ ഗീത എന്തു ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ വെളിപ്പിച്ചെടുക്കുക അതിനു വേണ്ടിയിട്ട് എന്തു ചെയ്യും ശാതുരുപണ്യത്തിനും ബദലായി ഇവിടെ എന്തുകൊണ്ടൊരു ഗുണം കർമ്മം അനുസരിച്ച് വ്യാഖ്യാനിക്കും അപ്പോൾ എന്തു ചെയ്യും പഴയകാലത്ത് ഈ പൗരോഹിത്യ വ്യാഖ്യാനം വന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന ഹിന്ദുക്കളെന്ന് പറയുന്ന ഹിന്ദുക്കളെന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയും മുസ്ലിം ഒക്കെ ഒഴികെയുള്ള ഈ ജനങ്ങൾ ഭൂരിപക്ഷം അകന്നു പോയായിരുന്നു അപ്പോൾ കുറച്ച് മേൽജാതിക്കാർക്ക് മാത്രമേ ഇതിന് കാര്യമുണ്ടായിരുന്നുള്ളൂ പുതിയ സൂത്ര വ്യാഖ്യാനം വന്നപ്പോൾ എന്ത് ചെയ്തു ഈ അകന്നു പോയവരോ കൂടെ ഇതിനോട് ചേർക്കാനുള്ള ശ്രമമായി അകന്നുപോയ അപ്പോഴാണ് ഗുണത്തിനും കർമ്മത്തിനുമൊക്കെ പ്രാധാന്യം വന്ന് ഗുണവും കർമ്മവും ഒക്കെ നേരത്തെയുണ്ട് പക്ഷേ മുമ്പ് അതിനുള്ള പ്രാധാന്യം വന്ന ജാതി പിന്നീട് എന്ത് ചെയ്തു പ്രാധാന്യം കൊടുത്ത് പുതിയ പുതിയ വ്യാഖ്യാനങ്ങളുണ്ടായി അപ്പം ഈ അകന്നുപോയവരെല്ലാം എന്ത് ചെയ്തു ഇതിലേക്ക് അടുത്ത് വന്നു അപ്പം ഹിന്ദുമതം എന്ന് പറയുന്നതിനൊരു കുറച്ചുകൂടി ഒരു കെട്ടിറപ്പുണ്ടാക്കാൻ ഈ വ്യാഖ്യാനങ്ങൾ സഹായിക്കും ആദ്യകാലത്ത് ശങ്കരാചാര്യൻ രാമായനും വ്യാഖ്യാനിക്കുമ്പോൾ എന്താണോ ഹിന്ദുമതം എന്ന് പറയുന്നൊരു ഏർപ്പാട് ഇല്ല അതുകൊണ്ട് ഇവിടെ എന്തുപറയുന്നു കർമ്മ അവബോധ്യനഹി കർമ്മ അനുഷ്ഠാന സാഹിത്യം ബോധി ബ്രഹ്മ ഉപാസനായ കർമ്മ അവബോധം കൊണ്ട് കർമാനുഷ്ഠാനം വരും ആശ്രമകർമ്മങ്ങൾ അനുഷ്ഠിക്കണം ആശ്രമകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എന്തു ചെയ്യും അതിനോടൊപ്പം തന്നെ ബ്രഹ്മ ഉപാസനയും ആകാം നിരാഗരോധിയാണ് നിക്ഷേപാന്തം എന്താണ് കർമാനുഷ്ഠാനവും നിത്യാസനവും ഒരുമിച്ചാകാം എന്ന് പറയുന്ന കർമ്മസമുച്ഛയ ജ്ഞാനകർമ്മ സമുച്ചയവാദത്തെ നിശ്ചയിക്കുന്ന ഉദ എന്തുകൊണ്ട് ഭാഷ്യം കർമ്മ അവബോധ പ്രാഗതി അതീത വേദാന്തേ കർമ്മബോധം അവബോധം കർമ്മ അവബോധം എന്ന് വെച്ചാൽ ഉപനയനം ചെയ്ത് വേദാധ്യയനം ചെയ്ത് വേദാന്ത വിദവിചാരം ചെയ്ത് വേദവിചാരം ചെയ്ത് അതിന് ശരിയായ രീതി എങ്ങനെയാണ് പൂർവവിമാംസം എന്നും കർമ്മങ്ങളെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനമുണ്ടാകുന്നതിനു മുമ്പ് തന്നെ പ്രാഗതി അതീത വേദാന്ത വേദാധ്യയനം ചെയ്തവൻ വിശേഷിച്ച് ഉപനിഷത്തുകൾ അധ്യയനം ചെയ്തവന് ബ്രഹ്മജിജ്ഞാസൂർത്തി അവിടെയും പ്രത്യേകം പറയുന്ന ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ഉപനിഷത്തുകൾ അധ്യയനം ചെയ്തവനായിരിക്കണം ഉപനിഷത്തുകൾ അധ്യയന ചെയ്യണമെങ്കിൽ ആരായിരിക്കണം അവിടെയാണ് ഭാഷകാരം പറയുന്നത് അപ്പോ ത്രിവർണികന് മാത്രമേ വേദാന്ത അധ്യയനം ചെയ്യാൻ അവകാശം ഉള്ളൂ മാത്രമേ ബ്രഹ്മവിചാരം ഈ വഴിക്ക് ഈ വഴിക്ക് എന്ന് ഈ വർഷത്ത് അധ്യയനത്തിലൂടെയുള്ള ബ്രഹ്മവിചാരം അവന് മാത്രമേ സാധിക്കൂ പിന്നെ പറയുന്നത് ഇവിടെ പ്രാഗബി എന്ന് പറയുന്നത് എന്താണ് ദേവന്മാരെ പറയും ബ്രഹ്മസൂത്ര ദേവതാധികൾ ദേവന്മാർക്ക് സംസ്കാരം കൊണ്ട് ദേവന്മാർക്ക് ബ്രഹ്മവിദ്യയ്ക്ക് അധികാരമുണ്ട് അവർക്ക് വേദന അദ്ദേഹം ചെയ്യേണ്ട ആവശ്യമില്ല കർമ്മങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഒന്നും വേണ്ട അവർക്ക് ബ്രഹ്മവിദ്യക്കധികാരമുണ്ട് എന്തുകൊണ്ട് സംസ്കാരം ഉള്ളതുകൊണ്ട് ബ്രഹ്മവിദ്യ അവർക്കുണ്ടാകും അതാണ് ഇന്ദ്രൻ പ്രജാപതിയുടെ അടുത്ത് പോയി ബ്രഹ്മവിദ്യ വ്യസിക്കും എന്നൊക്കെ പറയുന്നതാണ് ഉപനിഷത് അതുപോലെ ഇവിടെയും സംസ്കാരമുള്ളവനുണ്ടെങ്കിൽ ബ്രഹ്മവിദ്യക്കധികാരമാണ് അതാണ് വിദുരൻ വിദുരൻ എന്തുണ്ട് വേദാധ്യാനം ചെയ്തില്ലെങ്കിൽ ശൂദ്രൻ തന്നെ വേദാധ്യാനം ചെയ്തില്ലെങ്കിലും വിദുരൻ ചെറുപ്പം വേദാധ്യാനം ചെയ്തിരിക്കാം കൊട്ടാരത്തിൽ ജനിച്ചുകൊണ്ട് പക്ഷെ നിയമം അനുസരിച്ച് എന്താണ് വേദാധ്യയനം ചെയ്യാൻ പാടില്ല വേദാധ്യയനം ചെയ്തിട്ടില്ലെങ്കിലും വിദരന് ബ്രഹ്മജ്ഞാനത്തിന് അധികാരമുണ്ട് പക്ഷെ വേദാധ്യയനത്തിലൂടെ ഉള്ള ബ്രഹ്മജ്ഞാനത്തിന് അധികാരമില്ല അപ്പൊ വേദാന്തം ഉപനിഷത്തിന്റെ അധ്യയനം ചെയ്യാതെ തന്നെ വിദുരന് വിവിധിഷ ഉണ്ടാകാം ബ്രഹ്മജിജ്ഞാസ ഉണ്ടായി കഴിഞ്ഞാൽ ഉപനിഷത്തിലൂടെ അല്ലാതെ പുരാണങ്ങളിലൂടെയും മറ്റും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞുകൊടുത്തിട്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടാകാം അതും അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിക്കാമെന്ന് പറയും എപ്പോഴാണോ വിരക്തി വരുന്നത് അപ്പം അങ്ങനെ വിരക്തി വരുകയാണെങ്കിൽ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിക്കാം അവിടെ ഗതാന തപസ്സുകളൊന്നും ആശ്രമ കർമ്മങ്ങളൊന്നും അന്വേഷിക്കാ അനുഷ്ഠിക്കേണ്ട കാര്യം ഇല്ല ദേവന്മാർക്ക് ഒരു കർമ്മവും ഇല്ല എന്താണ് അവർക്ക് ബ്രഹ്മജ്ഞാനം ആകാം കാരണം അവർ പൂർവ്വസംസ്കാരം ഉണ്ട് അതാണ് ഇവിടെ പറയുന്നത് കർമ്മവബോധാത്രകവി കർമ്മജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതീത വേദാന്ത സുപുനിഷത്ത അധ്യയനം ചെയ്തവന് എന്തുണ്ടാകാം ബ്രഹ്മജിജ്ഞാസ എന്നുവെച്ചാൽ അവന് വിവിധ ഉണ്ടാകാം ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം നോ no.